തീർച്ചയായും സത്യവിശ്വാസികളിൽ നിന്ന് അള്ളാഹു സുബഹാനഹുവറ്റ് ആല അവരുടെ ജീവനെയും സമ്പത്തിനെയും സ്വർഗം നൽകിക്കൊണ്ട് വിലക്കുവാങ്ങിയിരിക്കുന്നു അവർ അള്ളാഹു സുബഹാനഹുവറ്റ് ആലയുടെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നു അങ്ങനെ അവർ കൊല്ലപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നു തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആാനിലും അള്ളാഹു സുബഹാനഹുവറ്റ് ആല നൽകിയ സത്യമായൊരു വാഗ്ദാനമാണത് അള്ളാഹു സുബഹാനഹുവറ്റ ആലയേക്കാൾ തന്റെ കരാറിൽ വിശ്വസ്തനായ മറ്റാരുണ്ട് അതിനാൽ നിങ്ങളേർപ്പെട്ട ആ കച്ചവടത്തിൽ നിങ്ങൾ സന്തോഷിക്കുക അതുതന്നെയാണ് മഹത്തായ വിജയം